തിമിരാന്ദാജനശലാകുരുമീലിതമേന തസ്മൈ ശ്രീഗുരവ നമോ ഭഗവത്തെ വാസുദേ ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധം അദ്ധ്യായം മൂന്ന് ശ്ലോകങ്ങൾ രണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഗജേന്ദ്രൻ്റെ പ്രാർത്ഥനകൾ ശ്ലോകം രണ്ട് ഉം നമോ ഭഗവത്തെ തസ്മൈ യത ഏതാത്മകം പുരുഷാദിബീമഹ വിവർത്തനം ആനകളുടെ രാജാവ് ഗജേന്ദ്രൻ പറഞ്ഞു പരമപുരുഷനായ വാസുദേവന് ഞാനെന്റെ സാദരപ്രണാമങ്ങൾ അർപ്പിക്കട്ടെ അദ്ദേഹം മൂലമാണ് ഈ ശരീരം ആത്മാവിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നത് ആയതിനാൽ അദ്ദേഹമാണ് എല്ലാവരുടെയും മൂല കാരണം ബ്രഹ്മാവിനെയും ശിവനെയും പോലുള്ള ശ്രേഷ്ഠ വ്യക്തികൾക്ക് പോലും ആരാധ്യാർഹനായ അദ്ദേഹം എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ഞാൻ ധ്യാനിക്കട്ടെ ശ്ലോകം മൂന്ന് സ്വയം പരമോന്നതനായ ഭഗവാൻ സർവവും വിശ്രമം കൊള്ളുന്ന അത്യുന്നത തലമാണ് എല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്ന ഘടകമാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ചം സൃഷ്ടിച്ച വ്യക്തിയും അതിൻ്റെ ഏക കാരണവുമാണ് എന്നിരുന്നാലും അദ്ദേഹം കാരണത്തിൽ നിന്നും ഫലത്തിൽ നിന്നും വിഭിന്നനാണ് എല്ലാത്തിലും സ്വയം പര്യാപ്തനായ ആ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ഞാൻ എന്നെ ുന്നുലോകം നാല് യത്മനിദം നിയമാർത് വിാദം തരോഹിതം അവിത്തസുഭയം തദീക്ഷത്തെ സ ആത്മമൂലോ വം പരാത് പരാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വന്തം ശക്തിയുടെ വിസ്തരണത്താൽ ഈ ഭൗതിക സൃഷ്ടിയെ ദൃശ്യമാക്കുകയും ചിലപ്പോൾ അദൃശ്യമാക്കുകയും ചെയ്യുന്നു അദ്ദേഹം എല്ലാ പരിതസ്ഥിതികളിലും രണ്ടുമാണ് പരമമായ കാരണവും പരമമായ ഫലവും निरीक्षक साक्ष अर्वद्रियन आव्योत्म भगवा संरक्षण नल श्लोकं अंजन पंचु कृत् ഗഹനം കാലക്രമത്തിൽ ഗ്രഹങ്ങളും അവയുടെ നിയന്ത്രിതാക്കളും പാലകരും ഉൾപ്പെടെ ലോകത്തിലെ ഹേതുകവും ഫലപ്രദവുമായ എല്ലാ സൃഷ്ടികളും സംഹരിക്കപ്പെടുമ്പോൾ അന്ധകാരനിബിഡമായ ഒരു സാഹചര്യം ഉളവാകും ഈ അന്ധകാരത്തിനുമീതെ എങ്ങനെ തന്നെ ആയാലും പരമദിവ്യോത്തമ ഭഗവാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദപങ്കജങ്ങളിൽ ശരണം പ്രാപിക്കുന്നു ം കാലക്രമത്തിൽ ഗ്രഹങ്ങളും അവയുടെ നിയന്ത്രിതാക്കളും പാലകരും ഉൾപ്പെടെ ലോകത്തിലെ ഹേതുകവും ഫലപ്രദവുമായ എല്ലാ സൃഷ്ടികളും സംഹരിക്കപ്പെടുമ്പോൾ അന്ധകാരനിബിഡമായ ഒരു സാഹചര്യം ഉളവാകും ഈ അന്ധകാരത്തിനു മീതെ എങ്ങനെ തന്നെയായാലും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഞാൻ അദ്ദേഹത്തിൻറെ പാദപങ്കജങ്ങളിൽ ശരണം പ്രാപിക്കുന്നു ശ്ലോകം ആറ് നയസ്യ ദേവ ഋഷയ പദം വിതോർ ജന്തു പുനകോർഹി ഗന്തു മീരിതും യഥാകൃതിയാനുക്രമണ സമാവതോ വിവർത്തനം ആകർഷകങ്ങളായ വേഷങ്ങൾ അണിഞ്ഞ് വേദിയിൽ വിവിധ രീതികളിൽ നടനം ചെയ്യുന്ന കലാകാരനെ അവന്റെ പ്രേക്ഷകർ തിരിച്ചറിയില്ല അതുപോലെ പരമോന്നതനായ കലാകാരന്റെ കർമ്മങ്ങളും സവിശേഷതകളും ദേവന്മാർക്കും മഹർഷിമാർക്കും പോലും മനസ്സിലാക്കാൻ കഴിയില്ല ദേവന്മാർക്കോ മാമുനിമാർക്കോ ബുദ്ധിഹീനർക്കോ ഭഗവാന്റെ സവിശേഷതകൾ ഗ്രഹിക്കാനോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പദവി വാക്കുകളാൽ പ്രകടിപ്പിക്കാനോ കഴിയില്ല ആ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എനിക്ക് സംരക്ഷണം നൽകട്ടെ ശ്ലോകം ഏഴ് ദിദൃക്ഷവോ യമംഗളം വിമുക്തസംഗനയുസാധവ ചരന്ത്യലോക്രതമ്രണം വനേ വിവർത്തനം എല്ലാ ജീവികളെയും തുല്യമായി ദർശിക്കുന്ന എല്ലാവരോടും സൗഹൃദത്തിൽ വർത്തിക്കുന്ന വനത്തിൽ പ്രവേശിച്ച് ബ്രഹ്മചര്യം വാനപ്രസ്ഥം സന്യാസം ഇവകളുടെ ശബ്ദങ്ങൾ വീഴ്ച കൂടാതെ പാലിക്കുന്ന സന്യാസിമാരും മഹാമുനിമാരും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സർവമംഗളകരമായ പാദപങ്കജങ്ങളുടെ ദർശനം കാക്ഷിക്കുന്നു അതേ പരമദിവ്യോത്തമനായ ഭഗവാനാകട്ടെ എന്റെ ലക്ഷ്യം ശ്ലോകം എട്ട് ഒൻപത് नेयकर्म नामे गुण दोषा लोकाप्ययवाय स्लमृति तस्म പരേശായ ബ്രഹ്മേനന്ദശക്തയെ അരൂപായോരുമ ആശ്ചര്യകർമ്മേ വിവർത്തനം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭൗതിക ജന്മം കർമ്മങ്ങൾ നാമം രൂപം ഗുണങ്ങൾ ദോഷങ്ങൾ ഇവകളൊന്നുമില്ല ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിന് അദ്ദേഹം സ്വന്തം ആന്തരിക ശക്തിയാൽ രാമഭഗവാനെപ്പോലെ അല്ലെങ്കിൽ കൃഷ്ണ പോലെ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നു അദ്ദേഹത്തിന് അളവറ്റ ശക്തിയുണ്ട് ഭൗതിക മാലിന്യങ്ങൾ ഇല്ലാത്ത നിരവധി രൂപങ്ങളിൽ അദ്ദേഹം അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു ആയതിനാൽ അദ്ദേഹം പരബ്രഹ്മനാകുന്നു അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ആദരങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം പത്ത് നമ ആത്മപ്രതീപായ സാക്ഷിനെ പരമാത്മനെ ഏവരുടെയും ഹൃദയത്തിൽ സാക്ഷിയായി വർത്തിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന പരമാത്മാവും വ്യക്തിഗതാത്മാവിനെ ബോധദീപ്തനാക്കുന്നവനും മാനസിക വ്യായാമം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ कहियावे भगवान याद प्रणाम अर्पट श्लोकम पद्रर्मेणा नम कैवल्यनाधाय, विवर्तनम, भगवान, भक्ति योग अतिया अस्तिवर्म पद्ध भक्तन् साक्षात्पू अब കളങ്കരഹിതമായ സുഖം നൽകുന്നവനും അതീന്ദ്രിയ ലോകത്തിൻ്റെ നാഥനുമാകുന്നു അതിനാൽ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ആദരങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് നമശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ विवर्तनम सर्वव्यापिया वासव भगवान नरसीमहव भगवाने भगवा भयानक रूपति भगवा मृगरूपति व्यक्तिगतवाद प्रबोधिप ദത്താത്രേയ ഭഗവാനും ബുദ്ധഭഗവാനും ഭഗവാന്റെ മറ്റെല്ലാ അവതാരങ്ങൾക്കും ഞാൻ എൻ്റെ സാദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഭൗതിക ഗുണങ്ങളില്ലാത്തവനും പക്ഷേ ഈ ഭൗതികലോകത്തിനുള്ളിൽ സത്വ രജസ്തമോ ഗുണങ്ങൾ സ്വീകരിച്ചവനുമായ ഭഗവാനായി ഞാനെന്റെ സാദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു അവ്യക്തിഗത ബ്രഹ്മ തേജസ്സിനും ഞാൻ എൻ്റെ ആദരപൂർവകമായ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു വിവർത്തനം സംഭവിക്കുന്നതിൻ്റെ എല്ലാം സാക്ഷിയും എല്ലാറ്റിൻ്റെയും മേൽനോട്ടക്കാരനും പരമാത്മാവുമായ അവിടത്തേക്ക് എൻ്റെ സാദാ പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ എന്ന് ഞാൻ യാചിക്കുന്നു അവിടുന്ന് ഭൗതിക പ്രകൃതിയുടെയും സമസ്ത ഭൗതിക ശക്തിയുടെയും മൂലമായ പരമപുരുഷനാകുന്നു അവിടുന്ന് ഭൗതിക ശരീരത്തിൻ്റെ ഉടമയുമാകുന്നു ആകയാൽ അങ്ങാണ് പരമമായ സമ്പൂർണത അങ്ങേക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം പതിനാല് സർവേന്ദ്രിയ ഗുണദൃഷ്ടേ സർവ പ്രത്യഹേതവേദാച്ചവർത്തനം എൻ്റെ ഭഗവാനെ എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളുടെയും നിരീക്ഷകനാണ് അവിടുന്ന് സന്ദേഹങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങയുടെ കാരുണ്യം കൂടാതെ പരിഹരിക്കുക അസാധ്യം തന്നെ ഭൗതിക ലോകം അങ്ങയോട് സാദൃശ്യമുള്ള ഒരു നിഴലാണ് തീർച്ചയായും അങ്ങയുടെ അസ്തിത്വത്തിൻ്റെ ഒരു ക്ഷണപ്രഭ ഉള്ളത് ഒരുവൻ ഈ ഭൗതിക ലോകത്തെ വാസ്തവമായി സ്വീകരിക്കുന്നത് ശ്ലോകം नमो नमस्ते नमस्तेख कारणात कारणा सर्वाग नमो नमोपवर्गाय पाराणा विवर्तन എന്റെ ഭഗവാനെ അങ് സർവകാരണങ്ങളുടെയും കാരണമാകുന്നു പക്ഷേ അങ്ങക്ക് ഒരു കാരണവുമില്ല ആയതിനാൽ അങ് എല്ലാറ്റിൻ്റെയും അത്ഭുതകരമായ കാരണമാകുന്നു അങ്ങയുടെ പ്രാതിനിധ്യങ്ങളായ പഞ്ചരാത്രങ്ങളും വേദാന്തസൂത്രവും പോലുള്ള ശാസ്ത്രങ്ങളിൽ അടങ്ങിയിട്ടുള്ള വൈദികജ്ഞാനത്തിൻ്റെ ആശ്രയവും പരമ്പരാ സമ്പ്രദായത്തിൻ്റെ പ്രഭവുമാ പ്രഭവവുമായ അങ്ങേക്ക് ഞാൻ എൻ്റെ സാദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു മോക്ഷം നൽകാൻ കഴിവുള്ളവൻ അങ്ങാകയാൽ എല്ലാ അതീന്ദ്രിയരുടെയും ശരണം അങ്ങ് മാത്രമാണ് അങ്ങേക്ക് ഞാൻ എൻ്റെ സാദരപ്രണാമങ്ങൾ അർപ്പിക്കട്ടെ ശ്ലോകം പതിനാർ ഗുണാരണിച്ഛിതൂഷവിസ്ഫൂർജിതമാനസൈഷ്കോർത്ത എന്റെ ഭഗവാനെ അരണിവിറകിനുള്ളിലെ അഗ്നി മറയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ അങ്ങും അങ്ങയുടെ അപരിമിതമായ ജ്ഞാനവും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും അങ്ങയുടെ മനസ് പ്രകൃതി ഗുണങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തത്പരമല്ല ആത്മജ്ഞാനത്തിൽ ഉന്നതിയാർജിച്ചവർ വൈദിക സാഹിത്യത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിയാമക തത്വങ്ങൾക്ക് വിഷയീഭവിക്കുന്നില്ല അത്തരം ശ്രേഷ്ഠാത്മാക്കൾ അതീന്ദ്രിയ തലത്തിലായതിനാൽ അങ്ങ് അവരുടെ നിർമ്മല മനസ്സുകളിൽ വ്യക്തിപരമായി ആവിർഭവിക്കുന്നു അതിനാൽ അങ്ങേക്ക് ഞാൻ എന്റെ സാദരപ്രണാമങ്ങൾ സമർപ്പിക്കുന്നു ശ്ലോകം പതിനേയ മാതൃക് പ്രപന്നശുപാശ വിമോക്ഷണ മുക്ത ഭൂരികരുണായംശനു ബൃന്മനസി പ്രതീത ായ അങ്ങയ്ക്ക് എന്നെ പോലുള്ള ഒരു മൃഗം ആത്മസമർപ്പണം ചെയ്തതിനാൽ തീർച്ചയായും എന്നെ ഈ അപകടാവസ്ഥയിൽ നിന്ന് അങ്ങ് മോചിപ്പിക്കും തീർച്ചയായും അങ്ങ് അത്യന്തം കരുണാമയനാകയാൽ എന്നെ മോചിപ്പിക്കുന്നതിന് നിരന്തരം ശ്രമിക്കുന്നു അങ്ങയുടെ ഭാഗികമായ പരമാത്മഭാവത്തിൽ അങ്ങ് ശരീരമുള്ള എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങ് സാക്ഷാത് അതീന്ദ്രിയ അപരിമേയമെന്നും വിഖ്യാതനാണ് पुरुषनाय भगवानाय प्रणामंगल ्योत्म भगवान अंगदर प्रणाम अर्प्लोक आत्मा गृह विषुप्रापण गुणसंग विवर्जिता भगवते എന്റെ ഭഗവാനെ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് പൂർണമായും മുക്തരായവർ അവരുടെ ഹൃദയാന്തർ ഭാഗത്ത് അങ്ങയെ സദാ ധ്യാനിക്കുന്നു എന്നെ പോലെ മാനസികമായ ഊഹാപോഹങ്ങളിലും ഭവനം ബന്ധുമിത്രാദികൾ സമ്പത്ത് ഭൃത്യന്മാർ സഹായികൾ ഇവകളിലും അമിതമായ ആസക്തിയുള്ളവർക്ക് അങ്ങ് അത്യന്തം ദുഷ്പ്രാപ്യനാണ് അങ്ങ് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ മലിനമാക്കപ്പെടാത്ത പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് അങ് ജ്ഞാനത്തിൻ്റെ ഖനിയും പരമനിയന്താവുമാണ് ആയതിനാൽ അങ്ങേക്ക് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം പത്തൊമ്പത് എം ധർമ്മർ വിമോക്തി കാമാ विमोक्षणम्, ഭജന്തയോനം ധർമാകാമോക്ഷങ്ങളിൽ തൽപരരായ വ്യക്തികൾക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേടാൻ കഴിയുന്നു മറ്റുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തു പറയാൻ തീർച്ചയായും അത്തരം തീവ്രേച്ചയുള്ള ആരാധകർക്ക് ചിലപ്പോൾ ഭഗവാൻ ഒരു ആധ്യാത്മിക ശരീരം നൽകുന്നു അളവില്ലാതെ കാരുണ്യം ചൊരിയുന്ന ആ പരമ പുരുഷനായ ഭഗവാൻ ഇപ്പോഴത്തെ അപകടാവസ്ഥയിൽ നിന്നും ഭൗതിക രീതിയിലുള്ള ജീവിതത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ ശ്ലോകങ്ങൾ ഇരുപത് ഇരുപത്തിയൊന്ന് കി വൈ ഭുതം അത്യദ്ഭുതം തരിതം സുമംഗളം ഗായമ तम्क्षर ब्रह्म मव्यत्मकगम्यं अतीद्रिय सूक्ष्म मनंदमा पिपूर्ण मीढ़े विवर्तन ഭഗവാനെ സേവിക്കുക എന്നതല്ലാതെ മറ്റൊരാഗ്രഹവുമില്ലാത്ത കലർപ്പില്ലാത്ത ഭക്തന്മാർ പൂർണ്ണ സമർപ്പണത്തോടെ അദ്ദേഹത്തെ ആരാധിക്കുകയും അദ്ദേഹത്തിൻറെ അതിശയകരവും മംഗളകരവുമായ കർമ്മങ്ങൾ സദാ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നു അപ്രകാരം അവർ സദാ അതീന്ദ്രിയ പരമാനന്ദത്തിൻറെ സമുദ്രത്തിൽ ലയിക്കുന്നു അങ്ങനെയുള്ള ഭക്തന്മാർ ഭഗവാനോട് ഒരിക്കലും ഒരു അനുഗ്രഹവും ആവശ്യപ്പെടുകയില്ല ഞാൻ എന്നിരുന്നാലും ആപത്തിലാണ് ആകയാൽ ശാശ്വതമായി നിലനിൽക്കുന്നവനും അദൃശ്യനും ബ്രഹ്മാവിനെ പോലെയുള്ള എല്ലാ മഹാവ്യക്തിത്വങ്ങളുടെയും ഭഗവാനും അതീന്ദ്രിയമായ ഭക്തിയോഗത്തിലൂടെ മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനുമായ ആ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്യന്തം സൂക്ഷ്മനാകയാൽ അദ്ദേഹം എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരനും എല്ലാവിധ ബാഹ്യ സാക്ഷാത്കാരത്തിനും ശ്ലോകങ്ങൾ മുതൽ വരെ യ്രഹ്മാദയോദോകരാചരാ നാമരൂപി ഭൽഗ്വാചാ കലയാ യഥാർച്ചിഷോ സവി ദുർഗസ്തയോ നിരയാ സംയാന്യസോചിഷ തയം ഗുണസം പ്രവാഹോ ബുദ്ധിമുനി ശരീര സർഗ वै न देवासुर न स्त्री नंडो न पुमा न, पुमान न चासन। परम नुणस पुरुषनाय भगवान അദ്ദേഹത്തിൻ്റെ സൂക്ഷമാംശങ്ങളായ ജീവതത്വങ്ങളെയും ബ്രഹ്മാവിൽ നിന്ന് ആരംഭിക്കുന്ന ദേവന്മാരെയും വൈദിക വിജ്ഞാനത്തിന്റെ വിസ്തരണങ്ങളെയും മറ്റ് ജീവസത്തകൾ ഉൾപ്പെടെ സർവചരാചരങ്ങളുടെയും അവയുടെ വിഭിന്ന നാമങ്ങളോടും സവിശേഷതകളോടും കൂടി സൃഷ്ടിക്കുന്നു അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് കിരണങ്ങൾ ഉദ്ഭവിക്കുകയും വീണ്ടും അവയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നത് പോലെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും സ്ഥൂലവും സൂക്ഷ്മവുമായ ഭൗതിക ശരീരങ്ങളും പ്രകൃതിയുടെ വിഭിന്ന ഗുണങ്ങളുടെ തുടർച്ചയായ രൂപാന്തരീകങ്ങളും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുകയും വീണ്ടും അദ്ദേഹത്തിൽ ലയിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ദേവനോ അസുരനോ അല്ല മനുഷ്യനോ പക്ഷിയോ മൃഗമോ അല്ല അദ്ദേഹം പുരുഷനോ സ്ത്രീയോ നപുംസകമോ ജന്തുവോ അല്ല അദ്ദേഹം ഒരു ഭൗതിക ഗുണമല്ല ഫലേച്ചാ കർമ്മമല്ല വ്യക്തതയോ അവക്തതയോ അല്ല ഇതല്ല ഇതല്ല എന്ന വിവേചനത്തിന്റെ അന്ത്യത്തിൽ ശേഷിക്കുന്ന അദ്ദേഹം ആ പരിമിതനുമാണ് ആ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് എല്ലാ മഹത്വങ്ങളും ശ്ലോകം ഇരുപത്തിയഞ്ച് മോക്ഷം വിവർത്തനം ഈ മുതലയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്നില്ല ബാഹ്യമായും ആന്തരികമായും അജ്ഞതയാൽ ആവരണം ചെയ്യപ്പെട്ട ഒരയുടെ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം അജ്ഞതയുടെ ആവരണത്തിൽ നിന്നുള്ള ശാശ്വതമായ മോചനം മാത്രം ഞാൻ ഇച്ഛിക്കുന്നു കാലത്തിന്റെ സ്വാധീനത്താൽ ആ ആവരണം നശിക്കില്ല ശ്ലോകം ഇരുപത്തിയാറ് ോഹം വിശ്വസൃജം വിശ്വം അവിശ്വം വിശ്വവേദസം വിശ്വാത്മാനാദം വിവർത്തനം ഇപ്പോൾ ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള മോചനം പൂർണ്ണമായും ആഗ്രഹിക്കുന്ന ഞാൻ ഈ വിശ്വത്തിന്റെ ശ്രഷ്ടാവായ സ്വയം ഈ വിശ്വരൂപിയായ എന്നിരുന്നാലും ഈ പ്രപഞ്ചത്തിന് അതീന്ദ്രിയനായ ആ പരമോന്നതനായ വ്യക്തിക്ക് എൻ്റെ ആദരപൂർവകമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു ഈ ലോകത്തിലെ എല്ലാറ്റിനെ പരമമായ അറിവുള്ള അദ്ദേഹം വിശ്വത്തിന്റെ പരമാത്മാവാണ് ജനിച്ചിട്ടില്ലാത്തവനും പരമോന്നതനായി സ്ഥിതി ചെയ്യുന്നവനുമായ ഭഗവാനാണ് അദ്ദേഹം അദ്ദേഹത്തിനായി ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം ഇരുപത്തിയേഴ് യോഗരന്തിർമാണോ ഹൃദിയോഗിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തോസ്മ്യഹം വിവർത്തനം പരിപൂർണരായ യോഗികൾ പൂർണമായും പവിത്രരാവുകയും ഫലേച്ഛാ കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഭക്തിയോഗ പരിശീലനത്താൽ സ്വതന്ത്രരാവുകയും ചെയ്യുമ്പോൾ അവരുടെ ഹൃദയാതർ ഭാഗത്ത് ദർശിക്കാൻ കഴിയുന്ന എല്ലാ യോഗങ്ങളുടെയും നാഥനായ പരമോന്നതന് പരമാത്മാവിന് ഞാൻ എൻ്റെ ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്ലോകം ഇരുപത്തിയെട്ട് നമോ നമസ്ത്രയായ എന്റെ ഭഗവാനെ അങ് മൂന്ന് വിധത്തിലുള്ള അതിപ്രബലമായ ശക്തികളുടെ നിയന്ത്രകനാണ് സമസ്ത ഇന്ദ്രിയ ആസ്വാദനത്തിന്റെയും പുനഃ സമസ്ത ഇന്ദ്രിയാനന്ദത്തിന്റെയും സംഭരണിയായും സമർപ്പിതാത്മാക്കളുടെ സംരക്ഷകനായും അവിടുന്ന് ആവിർഭവിക്കുന്നു അവിടുന്ന് അപരിമിതമായ ശക്തിയുള്ളവനാണ് പക്ഷേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് അങ്ങയെ സമീപിക്കാനാവില്ല ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ വീണ്ടും വീണ്ടും അങ്ങേക്കായി അർപ്പിക്കുന്നു ധിയാഹതം തം ദുരത്യ മാഹാത്മ്യം भगवद मित्य